അവർ കള്ളം കേൾക്കുന്നവരും ഹെറാമായ സമ്പത്ത് തിന്നുന്നവരുമാണ് അവർ നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾ അവർക്കിടയിൽ വിധി പറയുക അല്ലെങ്കിൽ അവരെ അവഗണിക്കുക നിങ്ങൾ അവരെ അവഗണിച്ചാൽ അവർ നിങ്ങൾക്ക് യാതൊരു ഉപദ്രവവും വരുത്തുകയില്ല നിങ്ങൾ വിധി പറയുകയാണെങ്കിൽ നീതിയോടെ വിധി പറയുക തീർച്ചയായും അള്ളാഹുസുബ് ഹാനഹുബത്ത് ആല നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു